ഭാട്ടമതപ്രകാരം പ്രമയും പ്രമാത്വവും അല്ലെങ്കിൽ പ്രമാജ്ഞാനവും ജ്ഞാനത്തിനുള്ള പ്രാമാണവും അന്യഥ അനുഭൂതിപ്രസൂത ഭർത്താപത്തി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഞാന്ത അത് താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ടാകും മറ്റു കൊടുത്തിട്ടില്ല ജ്ഞാതാലിംഗക അനുഭവ അനുമതി കൊണ്ട് ഗ്രഹിക്കാം അനുമാനം താഴെപ്പെടുത്തിട്ടുണ്ട് താഴെ അവസാനം അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ് ജ്ഞാനം ഇതം ജലം എന്നുള്ള ജ്ഞാനം അതായത് വ്യവസായ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ ഗ്രഹിക്കും ജ്ഞാതാലിംഗക അന്മിതി കൊണ്ട് ഗ്രഹിക്കും ആ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യമോ അതും അതുകൊണ്ട് തന്നെ ഗ്രഹിക്കും അത് താഴപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഘടക ഘടത്വേഷ ഘടത്വപ്രകാരക ഘടം എന്ന് പറയുന്നത് പക്ഷം ഘടത്വ വിശേഷിക ഘടത്വപ്രകാരക ജ്ഞാനം എന്ന് പറയുമ്പോൾ പ്രമ അത്രയല്ല ജ്ഞാനവിഷയത്വം ഘടത്തി വരും അത് സാധ്യം ഘടത്വവിശേഷിക ഘടത്വപ്രകാരകു പറഞ്ഞാൽ പ്രമയാണ് ആ പ്രമാവിഷയത്വം അതിവരുന്നു എന്ന് ശ്രദ്ധിക്കും ഘടത്തിൽ പ്രമാവിഷയത്വം വരുന്നു ഘടത്തിൽ പ്രമാവിഷയത്വം വരുന്നു എന്ന അർത്ഥം ഘടത്തെക്കുറിച്ച് പ്രമേയം ഉണ്ടാകുന്നു അതിന് ഹേതു എന്താണ് ഘടത്വപ്രകാരക ഘടത്വപ്രകാരക അതായത് ഭട്ടന്മാരെ സംബന്ധിച്ച് ജ്ഞാനം അതീന്ദ്രിയമാണ് ഒരു മതമനുസരിച്ച് ഞാനോസ്വയം പ്രകാശമാണ് രണ്ടും നേരെ വിപരീതമാണ് രണ്ട് മീമാംസക മക ഒരാൾ ഞാന സ്വയം പ്രകാശം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നത് ജ്ഞാനം അതീന്ദ്രിയമായതുകൊണ്ട് ഘടത്തിൽ ഒരു ജ്ഞാതയുണ്ടാവും ഈ ജ്ഞാത പ്രത്യക്ഷമാണ് ഭാട്ട മതമനുസരിച്ച് ജ്ഞാത പ്രത്യക്ഷമാണ് ആ പ്രത്യക്ഷമായ ഞാതതെ കാരണം പ്രത്യക്ഷം എന്തുകൊണ്ട് പറയുന്നു ഞാതോ മയ ഘടഹ എന്നാണ് അനുഭവം ഘടക ഞാതക എന്നാണ് ഞാത അതിൽ ഞാതത വേണം ഗൗഹു എന്നെന്തുകൊണ്ട് പറയുന്നു അവിടെ ഗോത്വമുണ്ട് ഘടക എന്നെന്തുകൊണ്ടനുഭവം അവിടെ ഘടത്വമുണ്ട് ഞാത ഞാതഹെന്ന് പറഞ്ഞാൽ അവിടെ ഞാതത്വമുണ്ട് ഞാതത്വം എന്നല്ല ജ്ഞാത അപ്പം ജ്ഞാത പ്രത്യക്ഷമാണ് ആ ഞാതയെ കടത്തിലിരിക്കുന്ന ജ്ഞാതയെ േതുവാക്കൊണ്ട് ആ ഘട എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വിഷയമാണെന്ന് അനുമാനിക്കുന്നു അപ്പൊ ഘടത്തിൽ ജ്ഞാന വിഷയത്ത് ഇപ്പൊ പക്ഷമായി എന്ത് ഘടം സാധ്യമെന്തായി ക്രമാവിഷയത്തിൽ വിഷയം അനുസരിച്ച് ഹേതു അവിടെയുണ്ട് എന്താണ് പ്രത്യക്ഷമാണല്ലോ പ്രത്യക്ഷമാണ് ആ പ്രത്യക്ഷമായിരിക്കുമ്പോ ആ ഞാതതയ്ക്ക് ഒരു വിശേഷം വീണെന്താണ് ഘടത്ത് പറയുന്നത് ഘടത്വപ്രകാരകാണ് അതെന്തുകൊണ്ട് കടത്തിയിരിക്കുന്നു പടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാതതയുടെ വിശേഷണം എന്തായിരിക്കും പടത്വപ്രകാരക അങ്ങനെ വരും ഗോവൻ ഇരുന്ന് കഴിഞ്ഞാൽ ഗോത്വപ്രകാരം എന്നെയും തന്നെയും യഥാ പട എന്താണ് കേവല വേദി രീതിയാണ് കാരണം പഠത്വപ്രകാരമേ ഞാൻ എവിടെയുള്ളൂ പക്ഷത്തിന് മാത്രമേ ഉള്ളൂ ഏതു പക്ഷത്തിൽ മാത്രമേ ഇരുന്നു കഴിഞ്ഞാൽ വേറെടുത്തും ഇല്ലെങ്കിൽ ആ അനുമാനം എങ്ങനെയുള്ളതായിരിക്കും എന്താണ് ഉദാഹരണം കേവലമെതിരേക്ക് ഉദാഹരണം എന്താ പഠിച്ചാണ് കേവലം മുമ്പോട്ട് പോണെങ്കിൽ പഠിച്ചതൊക്കെ ഓർമ്മ വേണം എതിരെ വിദ്യതെ ബന്ധ ഓർത്ത ഇതരഭേദം സാധ്യമാണ് ഗന്ധവത്വം എന്നൊരു ഹേതുമാണ് ഗന്ധവത്വം എവിടെ മാത്രമേ ഉള്ളൂ പൃഥിവിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നുകഴിഞ്ഞാൽ അത് കേവലം വിദ്രയിക്കാ എന്നുവെച്ചാൽ അന്യവ്യാപ്തില്ല എത്ര എത്ര ഇതരഭേദ അഭാവത്ത്വ അഭാവ യഥാർത്ഥ ജലം ജലത്തിൽ ഇതരഭേദത്തിന്റെ അഭാവമുണ്ട് ഇതരങ്ങളെന്ന് പറയുമ്പോൾ ജലാദികൾ അതിൽ നിന്നുള്ള ഭേദം പൃഥ്വിയിലുണ്ട് ആ ഇതരഭേദത്തിന്റെ അഭാവം എവിടെയുണ്ട് ഗോപം അതിനാണ് കേവല വിതിരയുന്നത് അപ്പോൾ കേവല വിദരയിലാണ് ഞാൻ ചേർക്കുന്നത് എന്നെയും തന്നെയും യഥാകല ഇനി വേറെ രീതിയിൽ കൊടുക്കുന്നുണ്ട് അടുത്തൊരു വേറെ അനുമാനം കൊടുക്കും ഇവിടെയും എന്താണ് ഘടപ്രകാരക ഞാതതാകത്വ ജ്ഞാതതയായി ഹേതു ഈ ജ്ഞാത ഹേതുവിച്ച് എന്ത് സിദ്ധിക്കുന്നു ഘടം എന്ന് പറയുന്നത് ജ്ഞാന വിഷയമാണോ ക്രമാവിഷയമാണോ എന്ന് സിദ്ധിച്ചു ഇനി അടുത്ത് കൊടുക്കുന്ന മറ്റൊരു ഇതിന്റെ പ്രത്യേകത എന്താണോ ജ്ഞാതെ പക്ഷമാക്കിയിട്ടാണ് കാരണം ഞാതത എപ്പോഴും അങ്ങനെയാണ് ജ്ഞാനജന്യമാണ് എന്നുള്ള ഞാനോ ഉണ്ടായപ്പോഴാണ് എന്തുണ്ടായത് ഞാതെവിടെ ഉണ്ടായത് ഘടത്തിൽ അപ്പൊ ഞാനാണ് ഈ അജാതാ പക്ഷമാക്കി ഘടത്തുവതി ഘടത്വപ്രകാരക ഘടത്വപ്രകാരക ജ്ഞാനജന്യ ഘടത്വപ്രകാരമായ ജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതാണ് കടത്വപ്രകാരക ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഘടവൃത്തി ഘടത്വപ്രകാരക ജ്ഞാതാത്വ ജ്ഞാതത്തെക്കുറിച്ച് പറയുന്നു ആ ജ്ഞാത ഘടത്തിലുള്ളതാണ് എന്താണ് ഘടത്വപ്രകാരവുമാണ് അവിടെ ജ്ഞാതാലിംഗക അനുമതിയാണ് അവിടെ ഹേതു അതാണ് ഘടപ നേരത്തെ പറഞ്ഞത് തന്നെ ഘടത്വപ്രകാരക അത് ഘടകൃത്തിയായിരിക്കും അപ്പൊ ഇവിടെ എന്താ പറയുന്നത് സാധ്യം ഘടത്വതി ഘടത്വപ്രകാരക ജ്ഞാനജന്യ ഘടത്വപ്രകാരക ജ്ഞാനജന്യത്വം ഘടത്വപ്രകാരകമായ ജ്ഞാനം കടഞ്ഞാനം തജ്ജന്യത്വം ഇപ്പൊ അവിടെ കടഞ്ഞാന ശ്രദ്ധിക്കുന്നു എന്തുകൊണ്ട് കടഞ്ഞാന ജന്യമാണ് എന്തായാലും ജ്ഞാനം മതീന്ദ്രിയമാണ് പക്ഷെ കടഞ്ഞാനുണ്ടാവുന്നുണ്ട് കടഞ്ഞാനം ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഞാതോ മയ അപ്പോ ജ്ഞാതയിലൂടെ ആ ജ്ഞാനത്തെ അനുമാനിക്കണമെന്നുള്ളതേ ഉള്ളൂ ജ്ഞാത ഹേതുവാക്കി അതാണ് ഞാതതാലിംഗത അനുമതി എന്നുള്ളത് ഇങ്ങനൊരു അനുമതി ഉണ്ടാവണമെങ്കിൽ അതിന് പരാമർശം വേണം പന്നിയുടെ അനുമതി ഉണ്ടാവണമെങ്കിൽ പരാമർശം വേണം എങ്ങനെയാണ് പരാമർശം പഠിച്ച ധോമാനായും അപ്പൊ സാധ്യവ്യാപ്യ ഹേതുമാൻ പക്ഷ പരാമർശം അതിലൊന്നാണ് അനുമതി ഉണ്ടാവുക അതിവിടെയും വേണം അതിന്റെ ആവശ്യം വരും ഈ ജ്ഞാതാലിംഗക അനുമതി ഈ അനുമതിയിൽ നിന്ന് ജ്ഞാന ദ്രഹിച്ചു ജ്ഞാനത്തിന്റെ പ്രാമാണവും ദ്രഹിച്ചു അപ്പൊ ഈ അനുമതിയുടെ സാമഗ്രി എന്താണെന്ന് അറിയേണ്ടി വരും അത് പരാമർശം ആ പരാമർശം എങ്ങനെയായിരിക്കും വന്നിമ്യാപ്യധൂവാനയംର୍വദാം നൂരൈമുന്നുടീം പറവേണ്ടേര സാധ്യവ്യാപ്യ തൈധുമാൻ പച്ഛഹ സന്തിവ്യാപ്യ അഹാദതൻവന്നുന്നുണകി ഗടതുവ വിശേഷക ഗടതുപ്രകാരക ജ്ഞാനവിശേത്വ വ്യാപ്യ ഘടതുപ്രകാരക ജ്ഞാദത വാൻ ഘടഹ ആദ്യ സാധ്യത്തെ പറയുക പിന്ന ഹേതുവിനെ പറയുക ഈ പരാമർശത്തിൽ നിന്ന് അനുമതിയുണ്ടാവും ഈ അനുമതിയുടെ വിഷയമാണ് ജ്ഞാനവും ജ്ഞാനത്തിലുള്ള പ്രാമാണവും മനസിലായ പരാമർശത്തിൽ നിന്ന് അനുമതി അനുമതിയുടെ വിഷയമാണ് എന്തത് ജാനവും ഇനി മൂലത്തില് എന്താ പറയുന്നത് വിപ്രതിപത്തി വിപ്രതിപത്തി എന്ന് പറയുന്നത് എന്താണ് താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് സംശയജനക വിരുദ്ധ കോടി ദ്വയപ്രതിപാദക വാക്യം പിന്നെ വായിച്ചു നോക്കിയാൽ സംശയജനക വിരുദ്ധ കോടി द्वयः प्रतिपादतव वाक्यम् विरुद्धो द्वयम् कारणं वद परयन ज्ञान प्रामाण्यं तथा प्रामाण्य आग्रह यव ज्ञान आग्रह सामग्नि आग्रहिन नवा नन आनो अल्लयो व ज्ञान प्रामाण्यम् അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് വെച്ചാൽ അവിടെ രണ്ടുപക്ഷം വരികയാണ് ഇതിന്റെ അർത്ഥം ഇങ്ങനെ വരും എന്താണ് ഒരാള് പ്രയോഗിക്കുന്ന വാക്യമാണ് ഇതില് രണ്ടു കൂട്ടറുണ്ട് ഒരാള് സ്വതപ്രാമാണവാദി മറ്റൊരാള് പരതപ്രാമാണവാദി ഇതൊരു ചർച്ചയാണ് ഇപ്പൊ ഒരു ചർച്ചയിൽ രണ്ടുപേരും മുഖ്യമായിട്ട് വേണം ഒന്ന് സ്വതപ്രാമാണവാദി മറ്റൊന്ന് പരതപ്രാമാണി സ്വതപ്രാമാണവാദിയാണ് വാദി മറുവശത്ത് മീമാംസ പരതപ്രാമാണവാദിയാണ് പ്രതിവാദി നയ്യായി രണ്ടുപേരും തമ്മിലാണ് സംസാരിക്കേണ്ടത് അപ്പോ ഒരു ഈ ഒരു വാക്യം ഉച്ചരിച്ചു ഒരാൾ ഉച്ചരിച്ച് ആരെങ്കിലും ഒരാൾ അത് സഭയിലിരിക്കുന്ന ഒരാളാകാം സഭയിലിരിക്കുന്ന ഒരാളൊരു ചോദ്യം ചോദിച്ചു ജ്ഞാനപ്രാമാണ്രാഹ്യമ്പ്രാഹ്യമ്പോദ്യം ചോദിച്ചു അപ്പൊ അവിടെ മീമാംസവനും താർക്കികനും ഇവരവര പക്ഷം അവതരിപ്പിക്കും ഇവിടെ മീമാംസവനെ സംബന്ധിച്ചിടത്തോളം തന്റെ പക്ഷത്തിൽ ഉറപ്പാണ് എന്താണ് സ്വതപ്രാമാണ താർക്കികനാണെങ്കിൽ തന്റെ പക്ഷത്തിൽ ഉറപ്പാണ് എന്താണ് ഇതിന് രണ്ടിനും കൂടാത്ത മധ്യസ്ഥനായ ഒരാളെനിക്ക് പോകുന്നു മധ്യസ്ഥൻ അയാളുടെ മനസ്സിൽ സംശയമുണ്ടാവും ഇതിൽ ഏതാശി ഈ വാക്യം കേട്ടിട്ടുണ്ട് അയാളുടെ മനസ്സിൽ സംശയമുണ്ടാവും അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഈ മധ്യസ്ഥന്റെ മനസ്സിലുണ്ടാവുന്ന സംശയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവര് അവരവരുടെ സിദ്ധാന്തത്തെ സമർപ്പിക്കുന്നു അപ്പോ ആർക്കാണോ മറ്റൊരാളുടെ വാദത്തെ പരാജയപ്പെടുത്തി സിദ്ധാന്തത്തെ സമർപ്പിക്കാൻ കഴിയുന്നത് അത് കേൾക്കുമ്പോൾ മധ്യസ്ഥന്റെ സംശയം മാറും ഇതാണ് വാദത്തിന്റെ രീതി അപ്പോൾ നവ്യന്യായത്തിന്റെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമാണ് തത്വചിന്താമി അത് ലിങ്കേശോപാധ്യായൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗാൾ ജീവിച്ചിരുന്ന ഒരാൾ എഴുതിയാണ് അവിടെ നിന്നാണ് ഈ പറയുന്ന ഈ ചിന്താഗതികളെല്ലാം തുടർന്ന് വരുന്ന അവിടെ നിന്നാണ് ഈ അവച്ഛേദാവഛച്ചിഹ്നങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത് അതിനെ തുടർന്ന് കാരണം തത്വചിന്താമണിക്ക് വ്യാഖ്യാനങ്ങളും ജാഗതീശി ധീതി തുടങ്ങിയ വ്യാഖ്യാനങ്ങളും അവിടെ നിന്നാണ് വിപുലീകരിച്ച് ഇതൊക്കെ ഇപ്പൊ തത്വചിന്താമണികാരൻ പറഞ്ഞൊരു കാര്യമാണ് ഈ വിരുദ്ധ പ്രതിപാദക വാക്യങ്ങൾ പ്രയോഗിക്കുന്നത് എന്താണ് മധ്യസ്ഥനും സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോഗിക്കും അപ്പോ സംശയം ഉണ്ടാകും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തോരം പിന്നീട് വാദം നടക്കും ആ സംശയത്തെ ദൂരീകരിക്കും ഇത് ആര് പറഞ്ഞാണ് അപ്പം വിപ്രതിപത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് സംശയജനക വിരുദ്ധ കോടിദ്വയ പ്രതിപാദക വാക്യം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥനില് സംശയത്തെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന വിരുദ്ധ കോടി ആണോ അല്ലയോ കോടിയെന്ന് വെച്ചാൽ അർദുരൽ ഇവിടെ രണ്ടുപക്ഷം ആണോ അല്ലയോ എന്ന് പറയുന്ന രണ്ടുപക്ഷത്തെ കുറിച്ച് പറയുന്ന വാക്യമാണ് ഇത് അദ്വയസിടെയും മറ്റും തുടക്കത്തിൽ ഈ ചർച്ച വീണ്ടും വരും അവിടെ ഇതുപോലെ വിപ്രതിപത്തി വരും എന്തിനാണ് വിപ്രതിപക്ഷം എന്തിനുവേണ്ടിട്ടാണ് പരപക്ഷങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രയോജനം കാരണം സംശയം ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ എന്തോരു ചർച്ചയുണ്ടാവും ചർച്ച വന്നാൽ എന്തോ ഒരു നിർണ്ണയം വരും അപ്പൊ വിപ്രതിപത്തിവാക്യം പ്രയോഗിക്കുന്നതിന് വിരുദ്ധാർത്ഥ പ്രതിപാദങ്ങളായ വാക്യങ്ങൾ പ്രയോഗിക്കുന്നതിന് പ്രയോജനമുണ്ട് എന്താണ് സംശയജനകമാണ് കഴിഞ്ഞ അതാണ് മധ്യസ്ഥന് സംശയം ഉണ്ടാകുന്നു അപ്പൊ വിചാരം തുടങ്ങുന്നു അതുകൊണ്ട് വിചാരത്തിന് പ്രയോജനമാണെന്ത് വാക്യം പറയുന്നത് രുദ്ധാർത്ഥ പ്രതിഭാദങ്ങളായ വാക്കിംഗ് കേൾക്കുമ്പോ എന്തോ സംശയം ഉണ്ടാകും സംശയത്തെ പരിഹരിക്കാൻ വിചാരം പതിചാരത്തിന് എന്തായി ഹേതുപ്രതിപത്തി സംശയം ആർക്കുണ്ടാകുന്നു രണ്ടുപക്ഷക്കാർക്കും ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ഇടവരുടെ പക്ഷത്തിൽ അവരവർക്ക് ഉറപ്പുണ്ട് പിന്നെ സംശയം ഉണ്ടാക്കുന്ന ആർക്ക് മദ്യസ്ഥി വാക്യം എല്ലാ ചർച്ചകളുടെയും പ്രയോജനം തന്നെയാണ് അതാണോ അല്ലയോ എന്നൊരു ചർച്ച ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചർച്ച നടത്തി കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്ന ആളുടെ കാര്യം അത് ഉറപ്പാണ് ഇല്ലയെന്ന് പറയുന്ന ആളുടെ കാര്യത്തിനത് ഉറപ്പാണ് പക്ഷേ ഇത് രണ്ടിലപ്പെടാത്ത ആൾക്കാരുണ്ട് ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാകും അപ്പൊ ആ സംശയത്തെ പരിഹരിക്കാൻ വേണ്ടിട്ട് അവിടെ വിചാരം നടത്തുന്നു വിചാരം നടന്നുകഴിഞ്ഞാ എന്ത് വരുന്നു ഒരു നിർണ്ണയത്തിലെത്തിച്ചേരണം അതാണ് വെറുതെ വിചാരം നടത്തി പിരിഞ്ഞുപോയോണ്ട് കാര്യ ഇന്നത്തെ ഡിബേറ്റുകളൊക്കെ കണക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടിങ്ങോട്ടും അവരവരുടെ ഭക്ഷണം പറഞ്ഞ് പിരിഞ്ഞു പോകും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ആസ്തികനും നാസ്തികനും ചർച്ച അവരവരുടെ അഭിപ്രായം പറയും പിരിഞ്ഞു പോകും രണ്ടു പേർക്കും അവരവരുടെ പക്ഷത്ത് സമർത്ഥിക്കാൻ കഴിയാതെ പിരിഞ്ഞുപോയ സംശയം എന്ത് ചെയ്യും തന്നെ നിൽക്കും വിചാരം കൊണ്ട് പ്രയോജനം ഉണ്ടാകും അപ്പൊ വിചാരം ഈ മധ്യസ്ഥന്റെ സംശയത്തെ പരിഹരിക്കുന്നു സംശയത്തെ വേണം വിചാരത്തിലൂടെ നിർണയത്തിലെത്തിച്ചേർക്കും ഇന്നതാണോ അപ്പൊ ചോദിക്കും ശരി എല്ലാ കാര്യങ്ങളിലും നിർണയം ഉണ്ടാകും അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പ അവിടെ എങ്ങനെയാണ് വരുന്നത് അവിഷയത്തെ വിഭജിക്കും വിഷയത്തിന് പല ഭാഗങ്ങളാണ് അതിൽ ഓരോ ഭാഗങ്ങളിലും നിർണയത്തിലെത്താൻ കഴിയുന്നോ ഇല്ലയോ അപ്പോ വിഷയമെന്ന് പറയുന്നത് പത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ പത്ത് പോയിന്റുണ്ട് വിഷയത്തിൽ ആ പത്ത് പോയിന്റിൽ ആറ് പോയിന്റ് എങ്കിലും ചർച്ച ചെയ്ത് നിർണ്ണയത്തിലെത്തി കഴിഞ്ഞാൽ ആ ഡിബേറ്റ് കൊണ്ട് പ്രയോജനമാണ് എന്നുകൊണ്ട് ഇത്രയും കാര്യത്തിൽ തീരുമാനമായി അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണോ രണ്ടു കൂട്ടരും അവരവരുടെ അഭിപ്രായം പറഞ്ഞ് പിരിഞ്ഞു സംശയം അവിടെ തന്നെ ശേഷിക്കും വിചാരത്തിൽ നിന്നും നിർണ്ണയം ഉണ്ടാകാറുണ്ട് അപ്പോൾ ആദ്യം വിചാരം ചെയ്യുമ്പോൾ വിഷയത്തെ വിഭജിക്കണം എന്തൊക്കെയാണ് പോയിന്റുകൾ തിരിക്കണം ഓരോ പോയിന്റിനും എന്താണ് വിചാരം ചെയ്തിട്ട് ിക്കോ പ്രതിപാദിക്കോ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്നോ എത്തിക്കഴിഞ്ഞാൽ ആ വിഷയത്തിനും സംശയം മാറി അങ്ങനെ എങ്ങനെ ഓരോ വിഷയത്തിലും സംശയം മാറി എല്ലാ പോയിന്റുകളിലും സംശയം മാറിക്കഴിഞ്ഞാൽ ആ വിചാരം ചർച്ച ഫലപ്പെട്ടായി അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അവരവരുടെ അഭിപ്രായം പറഞ്ഞ് പിരിഞ്ഞുപോയി ഒരിടത്ത് യോജിക്കാൻ കഴിയാതെ അപ്പം വിഷയം എടുക്കുന്നതും വിഷയത്തെ വിഭജിക്കുന്നതിനുമാണ് വളരെ പ്രാധാന്യമുള്ളത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ദൈവമുണ്ടോ അല്ലയോ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ പോയിട്ടൊരു കാര്യമുണ്ട് ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ ഇല്ലെന്നും പറയാം ഒരു തീരുമാനം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി എന്തൊക്കെ പോയിന്റുകളാണ് ഒരാൾ നിർത്തുന്നത് ഇല്ലയെന്ന് പറയുന്നതിന് എന്തൊക്കെ ഭേദക്കളാണ് നിരത്തുന്നത് ആ ഓരോ വിഷയങ്ങളിലും തീരുമാനമാകാൻ പറ്റുമോ എന്നാ ശരി ഇപ്പൊ ചില പോയിന്റുകൾ രണ്ടു കൂട്ടർ യോജിക്കുന്നു നിങ്ങൾ പറഞ്ഞു തന്നാൽ എന്റെ അഭിപ്രായം മായെന്താണോ ഇതിന്റെ പ്രയോജനമെന്ന് പറയുന്നത് വിപ്രതിപത്യവാക്യത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണോ സംശയത്തെ ഉണ്ടാക്കുക സംശയം കൊണ്ട് വിചാരം വരുന്നു അപ്പൊ വിചാരത്തിന്റെ പ്രയോജനമാണ്പത്തിവാക്യം വിചാരം കൊണ്ടെന്ത് വരുന്നു നിർണ്ണയം ഉണ്ടാക്കുന്നു ം ജ്ഞാനപ്രാമാണികാണ് പക്ഷം ജ്ഞാനപ്രാമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജ്ഞാനപ്രാമാണിന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം ഇപ്പൊ പ്രാമാണിവിടെ ആയിരിക്കും ഇരിക്കുന്നത് ാമാണയോടെയായിരിക്കും ഇരിക്കുന്നത് പ്രമാണത്തിൽ പ്രമാണം എന്ന് പറഞ്ഞാ എന്താ ഏമാന്ന് പറഞ്ഞ പ്രമാണമെന്ന് പറഞ്ഞാ എന്താണ് പ്രമാകരണം പ്രമാണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യക്ഷം എന്ന് പറയുന്നൊരു പ്രമേയമാണ് അതിന്റെ പ്രമാണം എന്താണ് ഇന്ദ്രിയങ്ങൾ അപ്പോ ആ പ്രമാണം എന്നു വെച്ചാൽ ഇന്ദ്രിയങ്ങൾ അതിലാണോ പ്രാമാക്കുന്നത് ആണോ ഏ ഇന്ദ്രിയങ്ങളിലാണോ പ്രാമാണീകരിക്കുന്നത് ഏ ഇന്ദ്രിയം പ്രമാണല്ലേ അപ്പൊ അതിനാണോ പ്രാമാണീരിക്കുന്നത് ആണോ ഇന്ദ്രിയത്തിലാണോ പ്രാമാണ്യുന്നത് അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇതുവരെ അപ്പൊ ഇവിടെ പ്രാമാണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥ ആശങ്ക ഉണ്ടാവും പ്രമാകരണം പ്രമാണം എന്നുള്ള ലക്ഷണമനുസരിച്ച് പ്രമാണം എന്ന് പറയുന്നത് ഇന്ദ്രിയാണ് പരാമർശം അതും പ്രമാണമാണ് അനുമാനം വ്യാപ്തിജ്ഞാനം പ്രമാണമാണ് ശബ്ദം പ്രമാണമാണ് അതിനൊന്നും എടുക്കാൻ പാടില്ല ഇവിടെ പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രമേയെടുക്ക എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രമാണമെന്ന് പറഞ്ഞാൽ പ്രമ പ്രമെന്ന് പറയുന്നത് എന്താണ് ജ്ഞാനം ജ്ഞാന രൂപത്തിലുള്ള പ്രമാണത്തെ എടുക്കുമ്പോൾ അത് പ്രമ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജ്ഞാനപ്രാമാണ്യം എന്ന് പറഞ്ഞത് ജ്ഞാനമെന്നുള്ള പദം വിട്ട് കഴിഞ്ഞാൽ വിശേഷിക്കുന്ന എന്തായിരിക്കും പ്രാമാണിയും പ്രമാണമെന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ ഇരിക്കുന്ന പ്രാമാണിയംന്ന് കഴിഞ്ഞാൽ എവിടെ പോകും പ്രമാണമെന്ന് പറഞ്ഞാൽ എങ്ങനെയെടുക്കും കാരണം അത് പ്രമാണ ശബ്ദത്തിന്റെ അർത്ഥ വ്യത്യാസമാണ് പ്രമാപൂർവത്തിലുള്ള മായി നിന്നും ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പ്രമാണമെന്ന് വന്നു കഴിഞ്ഞാൽ അർത്ഥം പ്രമേയം പൂർവത്തിലുള്ള മാധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്നിട്ട് പ്രമാണം എന്ന് പറഞ്ഞ പക്ഷെ അതിന് കർണാർത്ഥത്തിൽ പ്രത്യേകം വന്നത് അത് കൃതന്ധം പഠിച്ചാൽ വ്യാകരണം പഠിക്കാൻ കൃത്യമായി മനസ്സിലാകത്തില്ല പ്രാപൂർവത്തിലുള്ള മാധാതുവിൽ നിന്നും കർണാർത്ഥത്തിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ പ്രമാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയമാകും മാകരണം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ഞാനോ അല്ലാതെ ആവും ഇന്ദ്രിയം ഞാനോ ആണോ പ്രമാന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ ആയിരിക്കും പ്രമാണമെന്ന് പറഞ്ഞാൽ ഏതുമാകും ചിലത്ത് ഞാനാവും ചിലത് ദ്രവ്യമാവും അതുകൊണ്ടിവിടെ പ്രാമാണ്യം എന്ന് പറയുന്നതിന് പകരം ജ്ഞാനപ്രാമാണ്യം എന്ന് പറഞ്ഞു അപ്പം ജ്ഞാനരൂപത്തിലുള്ള പ്രമാണം അതിലിരിക്കുന്ന പ്രാമാണ്യം എന്ന അർത്ഥം പറഞ്ഞു അപ്പൊ ജ്ഞാനരൂപത്തിലുള്ള പ്രാമാണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജ്ഞാനരൂപത്തിലുള്ള പ്രമാണത്തെടുക്കുന്നു അത് പ്രമ അതിനുള്ള പ്രമാണത്തെ എടുക്കുന്നു അപ്പൊ ജ്ഞാനരൂപത്തിലുള്ള പ്രമാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ദ്രിയത്തെടുക്കാൻ പറ്റത്തില്ല ഇന്ദ്രിയം ജ്ഞാനരൂപത്തിലുള്ള പ്രമാണമല്ല അത് ദ്രവ്യരൂപത്തിലുള്ള പ്രമാണമാണ് അപ്പോൾ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേയെടുക്കണം ഇന്ദ്രിയത്തെ എടുക്കരുത് എന്ന് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജ്ഞാനശബ്ദം ചേർത്തത് അപ്പം ജ്ഞാനരൂപത്തിലുള്ള പ്രമാണം എന്തായിരിക്കും പ്രമ അപ്പോ ജ്ഞാനൂപത്തിലുള്ള പ്രമാണത്തിലിരിക്കുന്ന പ്രാമാണ്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രമാത്വം മനസ്സിലായ ഇത് ഇത് വളരെ എളുപ്പം പരിഹരിക്കാമായിരുന്നു ഇവിടെ ജ്ഞാനപ്രാമാണ്യം എന്ന് പറയുന്ന മൂലം പക്ഷം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പ്രമാത്വം എന്ന് പറഞ്ഞു ഇവര് ശല്യമില്ല പ്രമാത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേ എടുക്കത്തുള്ളൂ മാത്വം എന്ന് പറഞ്ഞ എന്താണ് പ്രമാത്വം പക്ഷെ പ്രമാശബ്ദത്തിന് പേരവിടെ ഏത് ശബ്ദം ഉപയോഗിച്ചു പ്രമാശബ്ദത്തിനും പേരേതൂടെ ഉപയോഗിച്ചു പ്രമാശബ്ദത്തിന് പേരവിടെ ഏത് ശബ്ദം ഉപയോഗിച്ചു പ്രമാണം ഒന്നും കത്തുന്നില്ല പ്രമാശബ്ദത്തിന് പേരവിടെ ഏത് ശബ്ദം ഉപയോഗിച്ചു പ്രമാത്വത്തിന് പേരെ പ്രമാശബ്ദത്തിന് പേരെ ഏതാ ഉപയോഗിച്ചത് പ്രമാത്വത്തിന് പേരും എന്തുപയോഗിച്ചു അത്രയും പ്രാമാണ്യം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാഗ്രഹിക്കും ിയാണ് ആഗ്രഹിക്കുന്നത് ഇന്ദ്രിയമാകുന്ന പ്രമാണത്തിലുള്ള പ്രാമാണികത്തെ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് പ്രമാണ ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്നെന്താണ് പ്രമാണശ്ദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്നെന്താണോ ഒന്ന് പ്രമാ മറ്റൊന്നെന്താണോ പ്രമാകരണം പ്രമാണ ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്നിന്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ എന്താണ് ഇവിടെ ഏതർത്ഥത്തെ അതിനു വേണ്ടിയിട്ടാണ് ജ്ഞാനപ്രമാന്ന് പറഞ്ഞത് പിന്നെ അതിന്റെ പ്രാമാണ്രാമാണെന്ന് പറഞ്ഞു ഇനി ജ്ഞാനം എന്ന് പറയുന്നത് ചേർത്തില്ല കേവലം പ്രമാണമെന്ന് പറഞ്ഞാൽ എങ്ങനെയെടുക്കാം ഇപ്പൊ പ്രാമാണ്യം എന്ന് പറഞ്ഞാൽ എവിടെ പോവും ഇന്ദ്രിയത്തിലുള്ള പ്രാമാണ്യം ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയത്തിലുള്ള പ്രാമാണ്യത്തെടുക്കാൻ പക്ഷെ അവരുടെ പ്രാമാണ്യം എന്ന് പറയുന്നത് എന്താണ് ഞാനനിഷ്ടമായ പ്രാമാണ്യം അല്ല അത് പ്രമാകരണത്വരൂപത്തിലുള്ള പ്രാമാണ്യമാണ് നയകന്മാരിങ്ങനെയാണ് എപ്പോഴും നേരിട്ടങ്ങ് പറയത്തില്ല പ്രമാത്വം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അവരെന്ത് പറഞ്ഞു ഞാനാ പ്രാമാണ്യം ആ വ്യത്യാസങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാകണം അപ്പൊ ജ്ഞാനപ്രാമാണെന്ന് പറഞ്ഞാൽ പ്രമേയമുള്ള പ്രാമാണിയം അതാണ് പക്ഷേ ഇതാ ഇതാദ്യം മനസ്സിലാക്കി